ഹി തുമ്പി മൂമ്പത്തി ഞാൻ അപാട മാത്രമുള്ളൊരു മാന എന്നിലുണ്ട് പശ്ചരത്തിലേക്ക് നോക്കിയിട്ടാണ് എന്റെ വാഹനിലേക്ക് നോക്കിയിട്ടാണ് ആത് മറിച്ചാൽ മുഴപ്പാട് ഞാൻ പറയുന്നത് എന്റെ കുഹായത്ത് കാതിൽ പൈ കഴിഞ്ഞ ലോകം മുഴുവൻ ഉണ്ടാക്കുന്നു ഈ അവസരത്തിൽ അത് മറിച്ചിലെ പശ്ചിമത്ത് ഉള്ളത് ചെറിയാവില്ല فقط وممكن جدا انه يكون دي بالمعنى او اذا معنى الذي ان قوه روحانيه روحانيه لطافه في موكب النبيه يعني غير استقرار ومورد ليه ليس في موكب النبيه ما ممكن يقدروا يوصلوا له صحابكم في موكب النبيه ضعيف ولايتم في مثل كثيرين ونرنكم ില്ലായിരേ ഇതുണ്ടാക്കി എന്റെ പ്രാപിച്ചതിരണ്ട് രസീപ്പ് കുറുഹാനിയും ജയശുഗസ്തരായേക്ക് നോക്കിയിട്ടാണ് അതാണ് മയാളെ പ്രാപിക്കണം വള്ളാകാനാലം അത്മവി അമൃത്താൻ മനുഷ്യന്റെ കാര്യത്തിന് വണ്ണം കൂട്ടിയ കഴിഞ്ഞു പെട്ടതാകുന്നു ജന്മയി രണ്ട് ഇടയിൽ മെൻസിൻ്റെ കൂട്ടിയിട്ടുണ്ട് അത് പറയും അതുകൊണ്ട് അലമൊറുവാനിയുണ്ട് അലമൊലിമാനിയുണ്ട് രണ്ട് പരസ്പര വൈവിധ്യം ഒരു ഭാഗത്ത് ഇത്താപ്പത്തുണ്ട് മറ്റൊരു ഭാഗത്ത് കത്താപ്പത്തുണ്ട് മറ്റൊരു ഭാഗത്ത് നൂറാനിയുണ്ട് ഒരു ഭാഗത്ത് നെൽമാണീയത്തുണ്ട് ഈ ഭാഗത്ത് മരക്കാനിയുണ്ട് ഇത്ര ഭാഗത്തും ക്ഷേത്രാനിയും ചില ഭാഗത്തും وربابتي في مندل ورببابتي غهاناتهوند ورب باب ملالهت نو بخش باغته بیدارتهوند تن بوگيني تو کي ليكند وين ذا ذلك عاشور بقوهه فامثل الطان كمين الارض حتى اذروني تتياتم ني بوميده قويله پټورنا ഏത് വ്യക്തിയുള്ള സമയ എന്റെ ശരീരം മണ്ണിലേക്ക് എറിയപ്പെട്ടു ശരീരമാണല്ലോ അറിയപ്പെട്ടത് ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് വെച്ചാൽ കത്തിൽ കൊണ്ടു വെച്ചു എന്നാ തന്തി എന്നാൽ കഴിഞ്ഞുപോയി എന്നും ബാക്കിയില്ലാത്ത ചുറ്റുപാട് വരിക അങ്ങനത്തെ ഒരു അവസ്ഥയായ ബെറും ഒരു മണ്ണങ്ങട്ട് മാത്രമല്ല നിങ്ങൾ എനിക്കോടുകൂടെ എല്ലാം തീർന്നുപോയി എന്താ പറയാവുന്നൊരവസ്ഥ എല്ലാം ഇവിടെ ഉള്ളത് അല്ല പൊയ്ക്കൂ അത് കൊസ്താണെന്ന് ഞാൻ ഈ മനുഷ്യരെ ഒന്നെ പ്രത്യേകമാക്കിയിരിക്കുന്നു ഈ അജായിബ പല അജായിബുകളെ കൊണ്ടും എങ്ങനത്തെ അജായിബാലും തോൽ തെറ്റി വഴി മറ്റുള്ള വസ്തുവിൽ അതിർത്തിക്ക് പറഞ്ഞില്ല അപ്പൊ നോക്ക് അറുവാ സമാവില്യൻ അറിവ്യൻ അല്ല അതെ മനുഷ്യന്റെ അവസ്ഥ സമാവില്യുമാണ് അറിവില് രമാനെ കൊള്ള ചെറുക്കപ്പെടാം ഒരു ദിവസത്ത് അറിവനെ കൊള്ള ചെറുക്കപ്പെടാം മറ്റൊരു ദഹത്ത് ും ഇസ്ലാമീയുമാണ് അർത്ഥം പറഞ്ഞു അറബിയും നൂറാനിയുമാണ് ഇസ്ലാമിയുമാണ് നൂറാനിയും ലത്തീഫുമാണ് ഖതീഫുമാണ് അങ്ങനെ പോകുന്നതിന്റെ പട്ടികാഹ സുബരാന ما نفسك معرفة إن ألغى من الله صلى الله عليه وسلم لكي وضع هذا روحا إي روحني الله تعالى وشوفي عادي الجثة في الجثمانيتي ما نفسك شريطا ما أقولنا إي جثة في الله صلى الله عليه وسلم في تيضا فرامنة للأصيفة لعروسي سيشغل للنصاقة في العادة والسكول على غلط المنزل لاحوث يرطان ം ഈ കത്തീഫത്തിന് നാസോർത്തി കത്തീഫത്തിന് അതിന് കിട്ടുചെയ്യപ്പെട്ട രീതി പതിവേ തന്നെ അപ്പോൾ തരക്കാർ അത്രണ്ട് മൂന്ന് തരക്കാടുണ്ടാകും ഒന്നിക്കെതിരെ റോഹിന്റെ ലത്താഫത്ത് വാതിബായ ആളാകാം അല്ലെങ്കിൽ ജസഫിന്റെ കഥാപത്ത് വാതിബായ ആളാകാം അല്ലെങ്കിൽ അല്ലിന്റെ അടയിൽ കുടിപടി കൂടുതലാകാം ഒന്നുള്ള വാതിബാളാണല്ലോ എല്ലാം പറയാം കഥാപതി صنافه كانه صنافه علي بايال روحني تصطربين فكان روحانيهن اي وانسحق بالروحانيين بينهم ومن غلبته فخابته وانا رقتهن ورتن دهصافه المصروفه كانه علي بايي افان داغم شريفني استاد فكان يسمعني لاي بانثق بالبراهين تلك ذي المزيدو പിന്നെ വമന്ത വസ്ത്രത്താ രണ്ടിന്റെ അടി പിടിഞ്ഞാണോ അതും പിടിക്കുന്നു ഇതും മേടിക്കുന്നു അവസരത്തിൽ അത് മേടിക്കുന്നു നാട്ടുസരത്തിൽ ഇതും പിടിക്കുന്നു രണ്ടുപോയി നാലിൻ തവറിൽ ബഹായി ഒറ്റീൻ തമരിൽ റുഹാനി ബഹായിനിന്റെ തവയിൽ നിന്ന് കുറെ ഭാഗം അവനിൽ ഉണ്ടാകും പിന്നെ റുഹാനിന് തമയിൽപ്പെട്ട കുറേ ഭാഗം അതുണ്ടാകും അമ്മ അനുൽ ജമീൻ അവരാണ് അരുൾ ജമീൻ ആരത്താണേതാ ബുക്കർ റബീനിൽപ്പെട്ടാണെങ്കിൽ ഒന്നാമത്താണൊക്കെ ബീവിൽപ്പെട്ട മറ്റാണ് അക്ബുൽ സാഹിബിനി കൈമാറിയത് ഇവന അഹമ്മ അതുകൊണ്ട് മനുഷ്യരെ കബീലിൽ പെട്ടവനല്ല അത് മദ്യത്തിന്റെ ഒന്നകഷ്ടം ബഹാ ഇനി മൃഗത്തിലെ പോലെയായിട്ടും ഇതാ മിത്ത തീർത്തു അതിൽ നിന്നർത്ഥം നീ മരിച്ച് മണ്ണിലേക്ക് ഇടപെട്ടാൽ നന്നായിട്ട് എല്ലാം കഴിഞ്ഞുപോയി എന്ന് നീ വിചാരിക്കണ്ടാ കിന്നെ മുറക്കമഞ്ഞ് ഓഹിനി വശിനാലും ഒരു തടിയാലും നീ മുറക്കമാകുന്നു أعلم رسوه كريمية الباقية سروه وضعك ياهكم إما فيه <تصفيق> تجد الدب من أنك القانر على صندوشة الأبول مقربة لكي وهم حسرة لكي الحسرة لكي قلت وقالها لكي فدغن فالموت ليس آدم ومهما ൗത്ത് എന്നുള്ളത് തളിച്ച അതുമല്ല ഉണ്ടാക്കി തീർക്കുന്നത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള എന്തിക്കാലു മാത്രമാകുന്നു ഒരു ഹാലിൽ നിന്ന് മറ്റൊരു ഹാലിലേക്കെന്ന് പോക്കുവാകുന്നു അതാണ് കാണുന്നത് റബീനിൽ പെട്ടവനാണോ അതായത് ഇവിടെ ഉണ്ടാക്കി ലതാഫത്ത് ലതാഫത്തിന് ആദ്യ പോയ ആളുകൾ ുംരുന്നു മുഖർജിപ്പെട്ടവരാണെങ്കിലോ വഞ്ച റീമിലേക്ക് ചേരുന്നുണ്ടതിന്റെ ബാക്കി ആസിഡൻ്റായവരെ ഓടിക്കുമെന്ന് നോക്കുന്ന വാക്കിയുണ്ട് കൊള്ള ചേർക്കപ്പെട്ട പദ്യമാണ് ബാഴ മോറ്റി ഈ മുമ്പ് ശേഷം പാടിയ പാട്ട് ഭൂചിതത്തെയും നിറസിഹി അപ്പുറത്തരന്റെ ഭാഗത്ത് ആ പദ്യം എത്തിക്കപ്പെട്ടിട്ടുണ്ട് വക്കീലിഹി വദ്ദാലി മാം എല്ലാ വാറി മാം നിങ്ങൾ കാണുന്നു തീരുണ്ട് എന്താ വാട് കൊല്ലി പാമകൗനി ോട് പറയണം എങ്ങനെയുള്ള അവയ്യത്തായിട്ടാണ് കാണുന്നത് മാമ ലക്ഷ്മല്ലേ പറയും ആ അവരോട് പറയണം മാത്രമല്ല എന്റെ കാര്യത്തിൽ അവർ കരയുകയും ചെയ്തിട്ടുണ്ട് അവർ മറീയപാദിറ്റുമുണ്ട് ഹസുരൻ ദുഃഖത്താൽ അങ്ങനെയല്ല കൂട്ടറോട് പറയുന്നത് എന്താണെന്നറിയോ അതമുന്നൂന അതമൊന്നൂന ബിഅീ മും മൈത്തൂന നിങ്ങൾ വിചാരിച്ചു പോയോ ബി അന്നി മേത്തിക്കും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ പത്ര മയ്യത്താന്ന് നിങ്ങൾ വിചാരിച്ചു പോയി അങ്ങനെ വിചാരിക്കണ്ട ലയിത്തൽ മൈത്ത ആ നിങ്ങൾ വിചാരിച്ച പോലത്തെ അനാ ഞാൻ വന്നായി അന്നാണ് തന്നെ സത്യം ഞാൻ വിചാരിച്ച നടക്കട്ടെ മൈത്തൊന്നുമല്ല എന്ന് പറഞ്ഞത് വേണത്തിന് ശേഷം ദശവ്രുപ്പ് വാക്കിയെന്നല്ലോ പറഞ്ഞത് ഞണ്ടല്ല ശോതാക്കന്മാർക്കില്ലേ അതി മറ്റുള്ള ശോതാക്കന്മാരല്ലേ കൂട്ടു പതിമല്ലോ വേണത്തിന് ശേഷം ജീവിതകാലം കൊണ്ടാണ് ദശ കുറുപ്പുള്ളത് അതുകൊണ്ടാണല്ലോ അവരുടെ കൂട്ടം അല്ലാതോ ചേവും പഴമീലോ ചേക്കും ജനീസു ഹലത്തൻ എന്ന് പറഞ്ഞത് <ísim> ി വാമീ മന ഞാൻ സൂറത്തിലായിരുന്നു കുറേ കാലം ഇതാ ഇതന്നെ ജസതാ ഞാൻ ജസടം സൂറത്തിലാവുമ്പോ ജസതണ്ടാവുമല്ലോ ൻ അതുപോലെ തന്നെ നിബാസും പൊതുവായും ഞാൻ ഒരു നിധിയാണ് നിധി ആകുമ്പോൾ മൂടി വെക്കും അതെവിടെ ഉണ്ടായ കദറത്തിലേന്ന് ആരും അറിയില്ല അതുപോലെ നിധിയെതാ എന്റെ മോഹൻ ഊഹ നിധിയാണ് ആ നിധി വാറ കാണാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കും മൂണ് മൂണിറ്റ് അങ്ങ് ബന്ധുവാക്കിയിരിക്കും മറ്റുള്ള ആളെ തത്സരം ഉണ്ടാക്കുന്ന ഹിജാബും തത്സമൂന്നും വേറെ ആള് നെയ് മാറാതിരിക്കാൻ വേണ്ടി അതിന് തടസ്സം ഉണ്ടാക്കി വെക്കുന്നത് കാവടാക്കി നോക്കുന്നു ചിട്ടാൻ മാറണ്ട കുട്ടിച്ച് ഇപ്പോ തന്നെ കനീഷൻ ഉണ്ടാക്കി ലീ ഹാക്കള് തന്നായ കണീസുണ്ടാക്കിപ്പോ സമാന്തരമാക്കിട്ട് എന്നിട്ട് വിൽക്കിന്റെ കൊട്ടാരത്തിന് എങ്ങനെയും ഉണ്ടാകുന്ന എല്ലാ വില പിടിച്ച മുട്ടും മാണിക്യവും താജും മറ്റെല്ലാം കൊണ്ടാന്ന് ചിറ്റിരിക്കുന്നില്ല എന്നിട്ട് ക്യാബാശ്നെ സമാന്തരമായിട്ട് ഈ രാജ്യത്ത് ഈ ഭാഗത്തെടുക്കാൻ വരണന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നീട് പഴപ്പുണ്ടായത് എന്നിട്ട് അറങ്ങുകൾ പോയിട്ട് അതിനകത്ത് തകർക്കാൻ ഇങ്ങനെ അതിനെ മരണപ്പെടുത്തി അതിനാണല്ലോ ക്യാബം ഇതി അപകടവും മാറ്റിയും പറഞ്ഞത് അറ്റാമ്പുക്കന്റെ സമൂഹത്തിൽ തുറക്കാതാണ് അപ്പൊ അവിടാ ആ തന്നായിലെ കനീസിനി ഇവര് കിട്ടീസിന്റെ കൊട്ടാരത്തെ കൊണ്ടാന്ന നിധികളും മുട്ടും മാണിക്കും അമ്മ ഇടപെടിച്ച സാധനങ്ങൾ പഴയതോടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിധിയാക്കി വെച്ചതാണ് എന്നിട്ടോ അതിന് ഹിജാമ്പളമാക്കി നിജാമാക്കിയാൽ ഒരാൾക്കൊന്ന് കൊണ്ടാടിച്ചിട്ട് പോയിട്ട് എടുത്തോണ്ടിരുന്നില്ല അപ്പൊ ചൈത്താൻ തങ്ങൾക്ക് വരും കവലറ്റ മറ്റേ നാളെ പത്തി കൊടുത്തിട്ട് ഇട്ട് വരും എന്നിട്ടോ രാജ്യം കൊടുത്താൽ വാണ്ടി അടിയിച്ചു അവിടെ അത് പൊടിച്ചിട്ട് ധാരാളം തൊടുവിലാണ് അയ്യാവുന്ന നടക്കാവലാക്കി വെച്ചിരിക്കും പിന്നെ മറങ്ങാലാണ് നല്ല ധീരന്മാരായ നല്ല മലക്കെടുത്തുള്ള ആ ചൈത്താലയൊക്കെ പിടിച്ചുകെട്ടാൻ പറ്റുന്ന നല്ല ധീരന്മാരായിട്ടിട്ട് ആ ചൈത്താലയൊക്കെ മാറ്റിക്കെട്ട് കുരിച്ച് വന്നിടത്ത് മുഴുവനും പാചകന്മാരെയൊക്കെ അല്ലെങ്കിൽ ചൈത്താനും ഹിജാബും തലച്ചു മീനെ കൊണ്ടുണ്ടാക്കിയ മീൻ തുറാബിൻ മണ്ണോണ്ട് ഈ തീകോലം റോയിനെ കണ്ടത്തെ കിട്ടും ഹിജാബ് അതാ കത്ത ഹയ്യ ആ ശരീരം ഇതാ ഇപ്പോൾ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുവെച്ചാ ഇപ്പൊ മല കൊണ്ടു പോകല്ല അതാ കത്ത ഹയ്യ അത് ഉണ്ടാവും ഒരു പാട്ടിനി മീൻ തുറാബിൻ കത്ത ഹയ്യ വിൽപ്പന ആള് വടച്ചു ആ അന്നോ പതഹല്ലവന ഞാൻ ദുറാണ് ഞാനൊരു മുത്താണ് ആ മുത്തിന്റെ ചുറ്റു ഒരു ടിപ്പിയുണ്ട് ആ ടിപ്പി ഇവിടെ കണ്ടതടി സേർത്തു അന്നോ ആ ചിപ്പിയിൽ നിന്ന് ഞാനെന്താക്കി പുറത്തു ചാടിയിരിക്കുന്നു പുറത്തേക്ക് വന്നു എന്നിട്ട് അതൊഴിഞ്ഞു ചിപ്പി ഒഴിഞ്ഞു و هذه المن重iner <سؤال> ما بإثاريته أعدي نذكر несколько ل <سؤال> بيننا braceletين مع الم <سؤال> damaging و هذه رؤيةabi قرارiana ص føضي Körperلك declaration كما أن أكون تماناً ذلك الرائقية كل ذلك لا ت Host's قيمة recurrir وقت خريفة ونسى DJAM അങ്ങനെ സ്ഥിതി ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു ഇനി ഫ്രിജിൽ താമസിക്കൂല അസ്കുറും ഞാൻ അമ്മ ചുരു ചെയ്യുകയാണ് നല്ലതില്ല തനി എന്നെ അവ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഈ ഫ്രിജിൽ ി എനിക്ക് എടുത്തു തന്നിരിക്കുന്നു വനാൻ ഒരു നാടിനെ താമസിക്കാനാണ് കേന്ദ്രം എവിടത്തിൽ ആകുന്ന വലിയ ഉന്നതമായ സ്ഥാനത്ത് എനിക്കൊരു ഭവനം പകരം നിർമ്മിച്ചെന്നിട്ടുണ്ട് പെട്ടുണ്ട് ായിരുന്നു കപലഞ്ഞോമി ഈ മനുഷ്യന് മുമ്പ് ഞാനായിരുന്നു മൈത്തമ്പ നിങ്ങൾ അതിലൊരു മെച്ചാ മെയ്യത്തിനെ പോയി നാളാണ് മീറ്റിരിക്കുന്ന കാലത്ത് ഞാൻ മയിച്ചു മെച്ചപ്പയാ തോന്നുന്ന ഹരി തോറന്നില്ലേ അന്നാസ് നിങ്ങാ പോയി ജനങ്ങളെല്ലാം ഉറക്കത്തിലാണ് പൈല മാത്തു മരിച്ചാൽ എന്താ ഉണർവീന്നു പിന്നെ കഫടത്തല്ല അങ്ങോട്ട് പോയി തകളത്തിരുമെല്ലാം ഉമ്മ വെച്ചു ഞാൻ ഇപ്പോൾ അയാത്തായിരിക്കുകയാണ് മറ്റൊരു ഹൃദയത്തിൽ കഫന കഫൻ എനിക്ക് നേരിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു നമ്മളെ മെച്ചുകൊടുത്തില്ല ഇപ്പൊ നമ്മളെ വസ്ത്രത്തിന്റെ കോലം വേറെ കഫന് അന്നേരം വെച്ചപ്പോ അന്നരം അയാത്താം അതിന് കഫന വസ്ത്രം و ارى النجاد هارنا علنا يعني قول ملك الرؤى مناجات دين النبي حقا اني ان جهارا من علنايت كنت بلشت ما كنت الدنيا كانو لين تيمو اعني قومت من لاو اني اقربا اها قلنا ما كانا بحدي اوذنا يعني لو حين تاكيطانو ലഹരി മാസത്തിന് മുമ്പിൽ തന്നെ ഞാൻ ഇനി എതിലോണ്ട് കാണുകയാണ് ബൈബിളേക്ക് ലിറ്റല ആ കുറ എന്ന് പറയാൻ ആ ക്രൂണ്ടാവും ഞാൻ വായിക്കുന്നു കാണുകയും ചെയ്യുന്നു കഴിഞ്ഞു പോയതും വയ കെത്തി വരാനിരിക്കുന്നതും അവിടെ എന്നാ ഇപ്പോൾ ആന്നിണ്ടതും അപ്പം വർത്തമാനം ഭൂതം ഭാവി എല്ലാം കാണും മാക്കാനാന്നുള്ളത് ഏത് ഭാവി വർത്തമാൻ ഭൂതം ഭൂതം كيف ولد ويا ايتم لمده باغي ها وذا نعم لمده حاله فطمان انما ذلك المردم هو هنا طور زي ما عطى فتى غطا فتى ان الزمانه الاجابه وين حترموا الا لا واتا من عسرا به واعدون وهو مرون ظلموا هاتنا എന്റെ താമും എന്റെ ഷറാബും എല്ലാം ഒന്നാണ് അതെ റംസായിട്ടാണ് ഞാൻ പറയുന്നത് റംസേ ലറസ് മുമ്പ് പറഞ്ഞല്ലോ ആരൊക്കെ നിങ്ങൾക്ക് ഇഷാറത്തുണ്ട് റംസുണ്ട് ലറസണ്ട് തനിയായി ബാറത്ത് ഡൂല എന്ന് പറഞ്ഞത് അതുപോലെ റംസാൻ ആണ് പറയുന്നത് എന്റെ താമറാബ് അല്ല ഒന്നാണ് ആ റംസൻ നിന്ന് മനസ്സിലാക്കും നല്ല നിനക്ക് മനസ്സിലായിക്കോന്നും സഹിതൻ ആ ഉയ وَاِلَّا بَنَا مَا أُمْ وَلَا كِنْ لَا بَنَا أبِ خَمْرًا لَا صحيح آي خَمْرًا لَا أَوَسْرًا تَيْنُ مَنَّا لَا وَلَا مَا أُمْ لَا مَنْ لَمَنْ لَا ذكيان لفضي بل ولكن لبن اللبن إن رميلا لبني لبن ونجيسو كناتر تلك കാരണക്കെ മാറി നല്ല എന്നൊരു ചിനാർട്ടാണ് എന്തിന്റെ അത് ആയിട്ടുള്ള അനീവനുള്ള മറ്റുമായിരുന്നു എപ്പോഴും ഇസ്ലാം മേനാജിന് പോയ അവസരത്തിൽ ഇസ്ലാം മേനാജിന്റെ അവസരം ഓരോ സാധനം വെച്ചെടുത്തില്ലേ തങ്ങളേതും തെരഞ്ഞെടുക്കുന്നു മെറ്റിന് മുഖത്തിൽ വെച്ചിട്ട് പാല ഞാൻ പാടിനെ തിരഞ്ഞെടുത്തു പോകുന്നു അപ്പഴ് ജതിന് വെച്ചാൽ പറഞ്ഞാൽ തങ്ങൾക്ക് ഇത്രത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ ഖമ്രണ്ട് ചക്കർ ഉണ്ട് അപ്പൊ ആ അമ്രാൻ ഇവിടെ ആയിരുന്നില്ലെങ്കിൽ തണിച്ചെന്താ പോവും ജമിൻ ചാണായിട്ട് ആകെ ഹിക്മത്തിന്റെ അക്ക് കൂട്ടാണ്ടായി പോവും തണിച്ച വെള്ളം കുടിച്ചാൽ തണിച്ച മാഹിരി ചുണ്ടാവൂല വിരിയുണ്ടാവൂല അങ്ങനെ അങ്ങോട്ട് പോകും തണിച്ച മാഹിരിയായിട്ട് അങ്ങോട്ട് മാറും പ്പ് കൊടുക്കൂലാണ് ലബനായാലോ ലബനായാലുള്ള ആയിരം പാട്ടത്തിന് നല്ല മട്ടാണ് വെളുത്ത കളറുണ്ട് പലതരത്തിലുള്ള പോഷക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു വന്നുണ്ട് നെയ്യുണ്ട് പല പല പല വിടങ്ങളും അതോടൊപ്പം ആരോഗ്യപ്രദമാണ് ഭക്ഷണത്തിനായിട്ടും മതി വെള്ളത്തിനായിട്ടും മതി ഔഷധം വയ്ക്കും മതി എല്ലാം തൊണ്ടക്കോടി പിടിക്കലുമില്ല തായ്മ ചതാ പോകുവാണ് ഇങ്ങനെയൊക്കെയാണ് എന്റെ ഭാറത്ത് കൊടുത്തിട്ടുള്ളത് പാല് ആ പാല ഞാനിപ്പം കുടിക്കുന്നു പറഞ്ഞാൽ മസൂറുമായിട്ടുള്ള തങ്ങളുടെ ശരീരത്തിന്റെ വാഹറും ബാത്തിനും ശരീരത്തിന്റെ വാഹനാണല്ലോ ശരീരത്ത് അതിന്റെ ബാത്തിനാണല്ലോ അസീപത് അപ്പൊ പാല കുടിച്ച് പാലിന് ഉള്ളിന് വണ്ണേ നെയ്യന്റെ അസീകത്വമാണ് ആരെല്ലാം ഉപയോഗപ്പെടുത്തി ഞാനിപ്പതിന്റെ കൊച്ചനുഭവിക്കുകയാണെന്ന് എനിക്ക് പറഞ്ഞത് ആ പാലില്ലേ മസൂർ മസൂറമാന്റെ പാല് ആ പാല കുടിക്കുന്നു എന്ന് പറഞ്ഞത് വിനാശതാണ് പല നാലിലിപ്പോ വായിക്കും നമ്മുടെ ഈ നവംബർ പട്ടുന്നതാണല്ലോ പാല നാലിന് അതാണല്ലോ ശരീരത്തിന്റെ ചെറിയ ഏത് ശരീരത്തിന്റെ ഏത് ആനാക്കളുടെ ശരിയത്ത് അള്ളാഹു അറക്കിയെന്നെല്ലാം ആനാക്കളുടെ ശരീരത്തിനെ ബി തൊള്ളുന്നെല്ലാം ആ മമോതി അയക്കപ്പെട്ട മൊത്തത്തിൽ എന്ന തുല്യായി കാണുമ്പോൾ ശരിയത്തുണ്ട് ആ ശരീരത്തിന്റെ നാനിലാണ് ചരിയത്ത് അതിന്റെ ഭാഗത്തിനാണ് ഹിക്സ് ശരി കസീമായ തസീമച്ചേരി ടിസുമെന്നു ആയി തന്നെ എന്റെ ഇഷ്ടം കൂടെ നീ പറയാനില്ല രണ്ടും കണ്ടിട്ട് സിബാറല്ല പോകുന്നു ആ ശരീരത്തിനെ തൊട്ട് ഇബാറത്തായി നിൽക്കുന്ന സാധനമാണ് വേറാജന്റെ രാത്രി അസുഖം റസൂണുമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാടി അതിന്റെ പ്രതി മനുഷ്യരല്ലേ ആ പാലായിപ്പം കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തായി ഞാൻ ലായ ശരിയത്തും ബാക്കിയുള്ള ജമ്മു ചെയ്ത് ആ പാൽ ഉപയോഗിച്ചതില്ല പല സിദ്ധികൾ ഞാനിപ്പം എനിക്ക് എന്റെ മറ്റു താമല്ലോന്നെങ്കിലും ഞാൻ ചെയ്തേ അതെന്തിനാ തങ്ങൾ അത് തിരഞ്ഞെടുത്തത് അത് ചിത്രം ആയിട്ട് വീടിന് പറഞ്ഞല്ല നിങ്ങൾ ചിത്രത്തിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അല്ലേ ഇതല്ല തങ്ങളുടെ മറ്റൊര് പാകാനുള്ള കാണാൻ ചിത്രത്തിൽ അത് ഇവിടെ താഴെ فَحَيْنِ الْبَارِدِ نَوْمٍ مُغِرِكٍ فَإِلَى ما, مَا تَطَارَ الْبَأْثَنَامِ هذه قرصات هذه سورة إِنْ عَتِلْتَ عَمَتِكِنَا حَيَاةً لَعَرَى اللَّمْ بِنْ عَوْمٍ مَغْرِكٍ مَغْرِكَا يَنْ أَوْمِنَا هُمِنَا هُلَّذِينَ النَّاسِ الْيَامُونَ ഇപ്പോൾ ഹയ്യാർ ജീവിക്കുന്ന ഈ നാളുടെ നേരെയല്ലാവാദം ഈ നാട്ടിൽ താമസിക്കുന്ന ആളുകളെല്ലാം നവും മഹരിക്കലത്തുള്ളത് പൈതാ മഹാവാത്ത ഇത് മരിക്കട്ടെ അന്ന താറൻ മസനാ ഒറ്റനൂന്നുണ്ടാവും ആ പദ്യത്തിന്റെ മൊത്തനാത്തിന്റെ മദന ഉറക്കു അത് ഉറക്കുമ്പോൾ മത്തലുണ്ടല്ലോ അതെല്ലാം അങ്ങനെ പോകും മരിക്കണം എന്നാൽ അതിന് മരിച്ചു കണ്ടിട്ടെന്ന് പറഞ്ഞല്ല മൊത്തം സമീകരണ്ട് സമീറൻ്റെ കണ്ടുപോഞ്ഞിട്ടുണ്ട് എല്ലാ ചേര് ജീവിതിട്ട് എന്താക്കാൻ ഒരു ഉണർവീവ വരാറുണ്ട് ഞക്കി വരും കൽപ്പിന്റെ ഈജാമ്പാംഗങ്ങൾ തീർന്നിട്ട് ഒരു വരും അപ്പൊ ബെഞ്ഞാവ് ബെഞ്ഞാളിന്റെ ആശങ്കത്തോണ്ട് വെളിപ്പെടും അപ്പൊ പാനിയാണെന്നും തിരിയും ആക്രമം ആക്രമണമാണെങ്കിലും തിരികും അന്നേരം ആ ശരിയായ പോലും ഇങ്ങനൊന്നെല്ലാം ജീവിക്കണ്ടി ഇനിയൊന്നല്ല സുന്നാട് കുടിക്കാൻ ഉറങ്ങാനല്ല വന്ന് ഇന്നല്ല ആ ഞെക്കി വരും ആ ചെറുതായി ഇന്നയാളത്തിന്റെ മോശം ചെറുതാണ് ان يعذب عليكن الله <سؤال> انما موتكم صغير وانه زلزله عليكم ان لودا فطرنا لكم قرين اه يا ولينا امبا سلامي موتنا ها ربنا الرحمن ربنا تقبل منا قولنا قرين لا تامننون ماوتاموتان منكم مع عياط وهو عياط المجان ഞാൻ തന്നെ ഈ മൂത്ത നീ മൂത്തിലെ വിചാരിക്കേണ്ട നീ വിചാരിക്കുമ്പോഴത്തെ മൂട്ടാണെന്ന് വിചാരിക്കേണ്ടേട്ട വന്നില്ലേ ഹിന്ദുക്കാലും മറ്റുനാട്ടിലേക്കുള്ള ഹിന്ദുക്കാട് മാത്രമാണ് ഇന്ന പോലെ ഹയാത്തും അത് ഹയാത്ത് തന്നെയാകുന്നു പൊതുവെ ജീവിതത്തിലേക്കുള്ള തുറക്കം കുറിക്കില്ല അത് തന്നെയാണ് വായാത്തോലാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ വായത്തും അത് തന്നെയാണ് മെച്ചനു ചെയ്ത് കിട്ടേണ്ടതാണ് പിന്ന മൗത്തിന്റെ ഹജ്മതിന് ചാടി വീഴൽ എന്നത് നിങ്ങളെ വൈവിധ്യരാക്കരുതേമാകുക അത് ഇല്ല ഇന്ത്യക്കാലും ഈ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്കാണ് ഇന്ത്യക്കാലില്ലാത്ത മറ്റൊന്നുമല്ല അതുകൊണ്ട് മറ്റു നാട്ടിലേക്ക് പോകാൻ മതിയല്ലോ അതൊന്നും പൊടിക്കുന്നില്ലെന്ന് സതമിന്നും പൂസിക്കും നിങ്ങൾ നഫ്സിൽ നിന്ന് ജസത്തിൽ ഞാൻ ഊതിമാറ്റുക ജസത്തിന്റെ ആക്ക കൊടുത്താൽ അതിനെങ്ങനെ പഠിക്കാൻ നെറുവട്ടൊന്നും മതിയാക്കിയാൽ മതി ചെറിയ എത്തിക്കുന്ന നെറവട്ടുണ്ടോ മതിയാക്കിക്ക് വാർത്ത ജസ എല്ലാം കൊണ്ടുപോയി അപ്പൊ എന്താ നഫ്സിൽ തടിമേനത്തെ മെളിപ്പെടുവോ അപ്പോഴാണ് നിങ്ങൾ കാണലി ഭഗിനായിട്ട് നമ്മൾ അന്നേരം നിങ്ങൾ പിടിക്കണം സാദ് പറഞ്ഞവർത്തരേതല്ലാത്ത അത് ജുഹുഡൻ നാളെ ഒന്നേഷത്തോടുകൂടി പിടിക്കണം മടിയും കട്ടിയാൻ പറ്റൂരാ ലാ തനു പറഞ്ഞ വനായനീന്റെ ലാ തനു വനായനിക്ക് മുസാലി സ്ലാമിനോ ആഹ് ഇസ്ലാമിനോടു ലാ തനു പറഞ്ഞ നീ ബേക്കോട്ട് പോകണ്ട നിങ്ങൾ ആര് നിങ്ങൾ ആവല്ല മുന്നോട്ട് നടക്കല്ലി ആക്കിലല്ല ആരെ ഇവിടെ വെച്ചിട്ട് ബേക്കോട്ട് അടിച്ചു പോയാൽ അവൻ നടക്കലല്ല ആയിതന നമ്മന്നാമേ റബ്ബുള്ളാഹിൻ തുസ്തർദുആയ വതബ്തു അഹനാ റഹീമാനു റബ്ബിലക കൊണ്ടീനല്ലന്ന കുർനീനിയം രക്ഷമർക്കുന്നവാനാണ് റഹ്മതീനാനാണ് അല്ലേ തുസ്തർദുആയ നിങ്ങൾ ചെയ്ത തയ്യ നിങ്ങൾക്ക് ദനി നൽകപടുമോ നചന മാതായ മുർദൂർ നൽകപടുമോ നിങ്ങൾ നിർഭയമായ തലത്തിലേക്ക് എത്തുകയും ചെയ്യും ആമീൻ ു വള അന്നും അന്തും അന മഹാറാനത്തിയ എന്റെ ലത്ത് ഞാൻ കാണുന്നില്ല ഇല്ല അന്തോ നിങ്ങളായിട്ടല്ലാതെ അപ്പൊ നിങ്ങളൊന്നു പോയെ ഞാനൊന്നു പോകുന്നു കാണുന്നില്ല എന്റെ ലത്ത് വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളൊന്നും അനാഥന്യം അല്ല വഴ്റ്റിക്കാതി എന്റെ എത്തിക്കാതി അന്നക്കും തീർച്ചയായും നിങ്ങൾ അന്തും അതെ നിങ്ങൾ തന്നെ അന നന്ദന്യാവുന്നു നിങ്ങൾ ഞാനാ ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പൊ ഒറ്റത്തടിപോലെ ഒരുത്തുകളുടെ വിൽസറ് അതായത് മണ്ണ് തീ വെള്ളം കാറ്റിയോണ്ടല്ല നാളുകൊണ്ട് തുറക്കപ്പെട്ടത് അതിന്റെ ഉത്സറല്ലാം വായു നത്തിയാണ് മലവൃത്തിയല്ലേ എല്ലാവരും മുസ്ലിം സോകന്യെന്ന് പറഞ്ഞ പോലെ വക്കതല്ല അതിസാമോ അതുപോലെ അതിസാം എന്ന വാക്ക് ജിസ്മുഹ എല്ലാ മനുഷ്യന്മാരുടെ അടിയല്ല അതെല്ലാം കൊടുത്താൽ ജിസ്മ ആന്മാരെ ജനിച്ചെ കൊണ്ടിടങ്ങിയത് മണ്ടിപ്പേജ് പറഞ്ഞാൽ തന്നെ മനുഷ്യന്മാരുടെ ശക്തങ്ങളുടെ ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാക്കി നിർത്തൽ ലാശണ്ടാക്ക വലിയ ആന്മാര് എനിക്ക് ജിസ്മു തന്നെ ഉണ്ടായിട്ടുണ്ട് ജിസ്മുന്റെ പുറം പിന്നെ ഉണ്ടാകണമെങ്കിൽ പിന്നെ മോജൂദാറുണ്ട് മോജത്തിന്റെ അപ്പുറം മോജോത്തിന് പിന്നെന്തണ്ട് സ്വതീമും ഹാദീസും എല്ലാം കൊണ്ട് കൊള്ളിക്കുന്ന അമ്മ അങ്ങനെ പിന്നെ ഹാജിസിനുള്ള അറിയിപ്പില്ല മോജും ഹാജീസും സദീമെല്ലാം ക്യാമില്ലാക്ക ഏറ്റവും വലിയ ജിംസി അവൻ എന്ന വൃത്തിയുണ്ടാക്കി എന്നെ ബിസ്മിനെ ആമ്യാക്കി പിന്നെ അതാക്കി ഇങ്ങനെ ആക്കി ആക്കി ആക്കി കൊണ്ടാട്ടി പിന്നെ കച്ചക്കുത്തോണ്ടല്ല വ്യക്തിന് വേറൊരു അപ്പൊ മോളെ കൊണ്ട് ജിസ്മു ജനിച്ച ആരെയാക്കി ഞങ്ങൾ ഉൾക്കൊള്ളിച്ചല്ലേ ഞാൻ അതിനൊരു വക്കൊന്നും അത് ഒന്നും പോകാനാണ് അല്ല മോഹൻ അത് ആളിനെ തുടങ്ങി പാലനാമാനവും ഹായുറവല്ല പിന്നെ വക്കൽ നിന്നും പോയിട്ടുണ്ടോ എന്നാൽ നമുക്ക് അനുകൂല ഇനി ചെറു വല്ലതും ഉണ്ടായിട്ടുണ്ടോ അത് നമ്മളെ വക്കലിൽ നിന്നാന്ന് നമുക്ക് ചേട്ടം പഠിക്കേണ്ടി വരും ഞാനും വറുത്തരവധിയല്ലല്ലോ മോലി നിങ്ങൾ അന്നോട് കാരുണ്യം കാട്ടണേ എന്നാൽ തർഹമോ അമ്പുത്തക്കും നിങ്ങളെ തന്നെയാണ് നിങ്ങൾ കരുണ്ണം കാട്ടുന്നത് അത് ഞാൻ നിങ്ങൾ ഒന്നും ൂ നിങ്ങൾ അറിയണം അന്നക്കും നിങ്ങൾ എല്ലാവരും നമ്മളെ വേക്കിൽ തന്നെ വരാതിരിക്കുന്നവരാണ് അതുകൊണ്ടിരമൻ റാഹിമ്മാവോ അമ്മനാ എന്റെ ടസ്റ്റിന്റെ വേണ്ടി ഞാൻ എന്താ പറഞ്ഞോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കും മുന്നേ ചോദിക്കുന്നു എന്നാണല്ലോ നേരത്തെ പറഞ്ഞ വാക്കുകൊണ്ട് വിട്ടേ ും കാലത്തെ ഒരു സുഹൃത്തിന് എങ്ങനെയുള്ള സുഹൃത്തു അമ്മന നമ്മൾ തുടക്കുകയും പറഞ്ഞിരിക്കുന്നു ഒരു പാട്ട് പൊടില്ലേ ഇതിനും കാലാവില്ലേ ഈ പാട്ട് പൊടിച്ചിട്ടുണ്ട് പിന്ന വാഴക്കും وقال تعالى والله يبلغنا الله تના എൻദവ കന്നി അല്ലാഹുവിനെ പന്തിമായ സലാം നിങ്ങൾ കൊണ്ടാവട്ടെ അല്ലാഹുവിനെ സലാം ഉം ദർവ തനാ ഉം അതും കൊണ്ടാവട്ടെ മിൻ സലാമുൽ ലൈകി ബയാനാ കേർബൂ തനാ വഉന്ന അല്ലാഹു നസലമുന സലാം അലൈക്കും പറയുന്നല്ലേ അစ်ത്തമാർക്ക് പലെ മുനങ്ങളും റസൂൽ ചെന്തുടക്കറാണെന്നു ഇനി ഉമ്മ കാറ എനിക്ക് പറയാൻ പോകുന്നത് മകൻ മമ്മിനെ പാട്ട് കഴിഞ്ഞു തവിലേക്ക് വളർന്നു ഫഹത്താഹിന്നതികുണ്ടാക്കണം പല കൗശലങ്ങളും സ്വീകരിക്കണം എന്നാണ് നസ്സിനെങ്ങനെയെങ്കിലും ബസത്താക്കാൻ മതി പണ്ടേ പറഞ്ഞല്ലോ നെസ്തമത്താകെ പ്രതിസന്ധി നെക്സിനെ കിട്ടാൻ വേണ്ടി മഹാറബത്താകെ നെറുക്കുള്ള മുസാലമത്താൻ നെറുക്കളില് എന്തെങ്കിലും കൌശലം പ്രയോഗിച്ചതിന് വകത്താക്ക നോക്കണം എന്ന് എനിക്കറിയും മുസാലമത്വം കൊണ്ടുവാക്കാം മഹാറഭത്വം കൊണ്ടുവാക്കാം ഇവിടെ മഹാറബത്ത് അധികം ജയിക്കൂല ഹൈമത്തില്ലെങ്കിൽ തുറക്കൂ എല്ലാം നടപടി കളയും മുസാലമത്താകെ കുറേ കുറേ കുറേ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം പക്ഷെ തറക്കി ഉണ്ടാവൂലുണ്ട് മഹാടപ്പത്തിൽ കിട്ടാൻ തറക്കി മുസാലമത്തിൽ കിട്ടില്ല ാണ് നെസ്സിന്റെ നീ കൗശലം പ്രയോഗിക്കണം ഹീരത്ത് പ്രയോഗിക്കേ അതി കാരണം പറഞ്ഞ സർവ്വ ഹീരത്തിന് എത്ര എത്ര ഹീരത്തിന് അംസാഹിൻസറൻ നമ്മക്ക് സഹായിക്കപ്പെടാ നസ് കബീര വേറെ കബീരക്കാർ വന്നിട്ട് നമ്മളെ കൂട്ടത്തോടെ സഹായിക്കുന്നതിനേക്കാളാ സഹായം കിട്ടാൻ അല്പം നെസ്സിന് എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചിട്ട് അതിനെ വസ്തുതാക്കി എന്നാൽ വേറെ ആൾ ഒന്നും പോട്ട് സഹായിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കാര്യം കിട്ടിലാക്കാം ഒരു യുദ്ധത്തിനോട് സമൂഹപ്പെടുത്തി നോക്കൂ വേറെ പാർട്ടിക്കാറോ നമ്മളെ സഹായിച്ചിട്ട് കിട്ടുന്ന ലക്സിനാർക്കാണ് ഉണ്ടാകുമ്പോൾ ഇവിടെ കൗശലം പ്രയോഗിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ മറ്റാക്കി നമ്മളാടാക്കിയിരിക്കും സുനപ്പോൾ റവിയല്ലാന്ന് നീനക്കൽ അയ്യൽ അനിക്കും നിന്റെ ലഗ്റ്റിനെതിരായിട്ട് നീ പല കൗശലങ്ങളും സ്വീകരിക്കണം പല തന്ത്രങ്ങളും അത് നീ പരിക്രമിക്കണം നിന്റെ ഭരണത്തിന്റെ ഇങ്ങനെ കൊണ്ടുവരും പരമാവധി പൊറായിരം തൊറായിട്ടേതാ പൊതുവയാർന്ന പലതരത്തിലുള്ള ഹിന്ദുക്കളും അത് കൊണ്ടുതരും എന്നറിയല്ലോ അവിടുന്ന് പല മുഹാറ്റപ്പാന്റെ പല ഉദ്യൂമുകളും പഹമിന്റെ ഹഗാനകൾ നിനക്ക് തുടക്കപ്പെടുകയും ചെയ്യും മറ്റുള്ള ആൾക്ക് തീരുന്ന അപ്പുറം സഹം തീറും അഹമ്മിന്റെ ഹസാന തുറന്നു വെച്ചിരിക്കുകയാണ് എന്നാ പിന്നെ എന്താ പറഞ്ഞ പടി എന്നാ ഒരു ഹീനത്ത് പറഞ്ഞു താമസങ്ങിട്ട് ഹീരത്തേ മഹത്താക്കാൻ പറ്റുന്ന ഹീനത്തില്ല ഇതിനേക്കാൾ അതിന്റെ മൂക്കുകയരുണ്ടല്ല അതിങ്ങൾ കുടിക്കാം മൂക്കയറിട്ടിട്ട് കുടിച്ചിട്ട് നേരെ പിടിച്ചിട്ട് ഈ കാര്യം കൊടുക്കണം ചേക്കണ്ടെങ്കിൽ കൊടുത്തു അവർ കഴിഞ്ഞിൽപ്പിച്ചോളാം എളുപ്പത്തിലായി പറഞ്ഞു പോയി നോക്കണ്ട ഇല്ലേ തറവീത്തിയ ചേച്ചിനെത്തി മൂക്കയറിൽപ്പിച്ചു മൂക്കൂർ മൂക്കട്ടെ ആ ലേസിതോളും മായ് ചേച്ചുകൊണ്ട് നല്ല ചെയ്യും അപ്പൊ സാമ്പത്തികമായ ഇത് സ്വശേഷം ഇന്നോട് എന്താ കഴിപ്പിക്കുന്നത് അതും മോളെ നീങ്ങനുസരിച്ചോളാം അമ്മ ഇരുവാദ ഇതല്ലാത്ത വേറെ മർദ്ദം സ്വീകരിച്ചാലും അത് വമ്പിച്ച് പ്രയാസകരമാണ് അലത്തുമാണ് അതുകൊണ്ട് വലിയ പഴ ഒന്നും കൂട്ടൂലോട്ടൂ അങ്ങനെ ചോദിക്കും ഒന്നോന്ന് ചെയ്ത് അതിൻ്റെ ഉള്ളിയതും ഇല്ലാത്ത ഒന്നും ചെയ്തില്ല എന്താ പോയതോ അങ്ങനെ ഓടി പോകട്ട് വജീബ് അതാണ് ഒത്തന്നൊക്കെ പറയുന്നു നീ അത് ഒന്ന് പരിശോധിച്ച് നോക്കുന്നു അതിന്റെ കല്ലിൽ ഇങ്ങനെ രണ്ടു മാർഗം നോക്കോരാമിനോ കളിന്നാലും ഒക്കെ വാങ്ങി നോക്കില്ല ചളിപ്പ് പോയി രണ്ട് കാലും ചളിയിൽ പോയി ഇപ്പൊ അങ്ങനെ എങ്ങനെ ഈ കാല് ഓന്നിട്ട് നീ ഇങ്ങനെ പൊക്കുമ്പോൾ ഇതിന് കാലുണ്ടാവും അങ്ങനെ അരക്കെട്ട് വരെ എത്രയാ പോക്കുന്നതാണ് ഈ കാല് വെക്കാൻ എളുപ്പമയെല്ലാം അടുത്ത് കല്ല് വെച്ച് കൊടുക്കുക കല്ലും വെച്ച് തരിക അല്ലെങ്കിൽ വേറെ വെക്കുന്ന കൈപൊടിച്ചിട്ടില്ല വിരിച്ചു കൊണ്ടു കൊടുക്കാൻ അക്സസ് ഉള്ള പ്രസിഡ് നീ പരിശോധിച്ചാർജോ പറശ്രിക്കൊണ്ടില്ല പ്രതിസജി രീതി പരീക്ഷണത്തിലുള്ളത് ഇല്ലാക്കാത്ത യാഥാർത്ഥ്യം മറിയൽ എവിടെ തീർക്കുന്ന സജരീബിലാണ് തിരിച്ചറിയില്ലോ مال فان. الله تنو وتو فيا بالله توفي كما قال لمي با ما مرغ برده يقول توفي كما قال انا ولا حول ولا قوه الا بالله الذي لم يمن قائله ما باقوله قال كيف تلوكنا تغيرني ان يرضى الله وان باوين له اله ان بياننا لنقرله انا هو بالوه ان غنى معنى الله അന്നൽ മഴയാന ശേഷം വളരാൻ പോകുന്ന കബറും മുട്ട കേട്ടൊന്നും ഒത്തുപോകൂല ബൈബിൾ അത് ഒത്തുനോക്കൂല അവര്ത്തുണ്ടോ അന്നൽ ഗുഞ്ഞാന നമുക്ക് തന്നെ പൊഞ്ഞാനാക്കാൻ മാഗവന്റെ ആശ്വാന്നൽ ഗുഞ്ഞാന മകന്റെ ആശ്ചല്ലറിയപ്പുറം നോക്കുക അതിന്റെ അബുഭാവനക്കൊക്കെ വയനായ കിട്ടാതെ അങ്ങനെ ഒരു വിപുണ്യ ജനസൽഫി ഒരു കുഞ്ഞ എന്നുവെച്ചാൽ അതിന്റെ വാതിലുകൾ മുഴുവനും മകളുമൊക്കെ അടക്കപ്പെട്ടിരിക്കുന്നു അഗതി അമ്മാവിലെയും അഗതിന്റെയും ഇടയിലുള്ള എല്ലാ വാതിലും അടക്കപ്പെട്ടിരിക്കുന്നു ഇല്ല ബാബു നബ്തി ബാബു ഇല്ല ഈ നത്തിന്റെ ബാബുണ്ടാക്കാൻ നമുക്ക് തകർത്തിട്ട് കയറാൻ കഴിയുന്നത് പറയും അമ്മാളെ കൊള്ളത്താണ് അച്ച വാതിലുണ്ട് ബാക്കി എന്താ ഏത് ലെഫ്റ്റ് ലെഫ്റ്റിന്റെ ഒരു വാബുണ്ട് ആ വാബ് ചെറുത്ത് കടക്കാൻ എനിക്ക് നമുക്ക് ലെഫ്റ്റിന്റെ ആരാധകളുടെ ഹർത്തി രീതി എടുക്കുകയാണ് നടപ്പുള്ള മാർഗം പറയും മണ്ണിനുകൾ നടന്നാലും വാബി ലബ്ബി ലത്താകുന്ന വാബിൽ കൂടി കടന്നിട്ടില്ലെങ്കിൽ ആ ഇതുപ്പോൾ അപകട ഒരിക്കലും കാണാൻ മാറില്ല എല്ലാം അതിൽ അതുകൊണ്ട് നെഫ്റ്റിനോട് ഒരാള് മഹാതാപ് ചെയ്ത അങ്ങനെ ആ ചവിട്ടിക്ക് ഉറക്കന്നെ എന്നാ പാത ലപ്തിന് മഹാതാപ് ചെയ്താലേ പാതമ്പാനും കൽഫിയാലി വമൻ സാധക നപ്തൂ പാത വീക്കുമ്പാലി മൗരാഹു അലങ്കി നപ്സിനോട് മഹാതാപ് ചെയ്താലും അവൻ വിജയിക്കും എന്നെ വിജയിക്കും പടപ്പുകളെല്ലാം അവനെക്കുള്ള മുന്നിട്ട് ഒരു നാളായിട്ട് മാറും അവരുവർക്ക് നേർക്കു നേരെ കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങളൊരു അനാപ്രദം ഒന്നുമില്ല നെഫ്സിനോട് മാതാത്ത് ലഫ്സിനോട് ചത്രുത പുലർത്തി ശത്രുത പുലർത്തിയാൽ പടപ്പുകളെല്ലാം എന്താ നമ്മളെ കൊള്ള മുന്നിലൂടെ അമ്മ കഴിച്ച് മൂന്ന പറയുന്നു അമ്മനെ കൊള്ള മറന്നറിഞ്ഞു ഏനി അമ്മ സാധക നഷ്ടിനോട് നല്ല കൂട്ടുകറ്റാക്കി മുട്ടാട കത്ത് ചെയ്തു കഴിഞ്ഞു എന്ന പാദി മൗനാവും മൗന അവനെ കൊള്ളെന്താക്കും മിസ്മാലി ചെയ്തുകൊണ്ട് വിജയിക്കും അപ്പൊ തങ്ങൾ വേണ്ടുന്നതിനെ അച്ഛനെ ഉള്ളപ്പോ അല്ലെ അതി പറയട്ടെ ആനന്ദൻ ആകാദെ നെഫ്സിനെ മെരുക്കിയെടുക്കലാണെങ്കിലും നെഫ്സിനെ വൃത്താടക്കത്തു നന്നാക്കി എടുക്കുന്ന ഉദ്ദേശിക്കും നെഫ്സിന്റെ ആ വളവ് തിരുവനന്തപുരം കാണുന്ന നേരെ ആക്കൽ ഉദ്ദേശിക്കുന്നു അപ്പൊ ഒരു വസ്ത്രം ഉള്ളപ്പോ മത്തത്തിന്റെ കൂടുതൽ പാകം തീർക്കുക എന്തെങ്കിലും അതിനെ മാലന്യ വൃത്തിയാക്കുക ചെയ്യുന്നു ഇങ്ങോട്ട് പോയി അടുപ്പത്തിലെത്തി നല്ലവണ്ണം കാത്തിക്കൂടിച്ചിട്ട് തീക്കട്ട് പോലാക്കിയിട്ട് മുട്ടേ മുട്ട ഇനം മീനോട പ്രതികാരം എടുക്കുന്നു എന്നല്ല ഇതിനോട് ശക്ത കാട്ടുന്നു എന്നല്ല ഞാൻ നേരിയാക്കിയിട്ടെടുക്കുന്നു അപ്പൊ ഉഷാദർത്തേക്ക് അമ്മ കൊടുത്ത അർത്ഥത്തിൽ അത് ശ്രദ്ധം വന്നു വരും ആരാ എന്ന് പറഞ്ഞാൽ അതിന് അതിനെ പ്രതിപോഷിപ്പിക്കുകയാണ് അപ്പൊ അത് എന്താ അതിന്റെ പാട്ടൊക്കെ വിട്ടു നിങ്ങളുടെ വീട്ടിൽ നിങ്ങട്ടെ അപ്പൊ അതാണ് വാദം അപ്പൊ ധാരാളം സുഹൃത്തുക്കൾ കിട്ടും അത് നസ്റ്റിനുള്ള മുത്താദക്കത്വം എന്ന് പറഞ്ഞാൽ നേരാക്കി എടുത്തില്ല മുസ്താദക്കു കൊടുത്തിരിക്കുന്നു അപ്പഴാ ലാത്തി മുസ്താദക്കത്വം നസ് ഹാദി അല്ല നമ്മളിപ്പറഞ്ഞ മുസാദക്കത്വം എന്ന് പറഞ്ഞിട്ടില്ലേ അത് ലാത്തക്കോ ഇല്ല മുസ്ലത്തെ ആരിഫും ഇല്ല അന്നാവിനെ കൊണ്ട് ആരിഫായ മനസ്സിനോടുള്ള സ്വഭിച്ചുകൊണ്ടല്ലാതെ കിട്ടൂല അതാണ് നമ്മ മുദിച്ച് മുസാദക്കത്തെ അപ്പൊ നമ്മൾ നേരത്തെ നാളെ അടുത്ത രജിപ്പിക്കൂ മതം ഒന്നല്ല അപ്പൊ ഈ വജു ഏതെങ്കിലും കിട്ടിയെങ്കിൽ അപ്പൊ മുന്നൂറ് ദിവസം കിട്ടൂല വിപ്പ് വമ്മ കമലവുരൂദിനി കൃത്യന്റെ എന്നെ മുമ്പാണെങ്കിലേ പല ഈ മുത്താദക്കത്തിൽ നിന്നുള്ള Ficar, Вы, ൂ മനുഷ്യൻ നെഫ്റ്റിനോട് എന്താക്കി ആദാസി ചെല്ലുകയാണെങ്കിൽ പല ഭവിഷയും അതുകൊണ്ട് ഭവസൊന്നുമില്ല എന്തുകൊണ്ട് കിട്ടുന്ന ആദാ ദൂരം നെഫ്റ്റിന് പോലെ കൊടുക്കുക എന്നിട്ട് ആദാവൂ സാലെന്ന് തോന്നതേ നെഫ്റ്റിന്റെ ബോണ്ടെ കൊടുക്ക കൊടുത്തിട്ട് ഒരു കളാറുണ്ടാക്കി നെസ്റ്റേ കോഴി വിരാജി കഴിക്കുമ്പോ ചെറുത്ത രാവിലെ നിൽക്കുന്നുണ്ടല്ലുന്നുണ്ട് തന്നാറുണ്ടോ അപ്പൊ കോഴി വിരാജി കഴിക്കാൻ പോലും എല്ലാവർക്കും അതായത് മാതാക്കി ആ എന്നാ ഇത് എന്താ കൊണ്ട് രാവിലെ എനിക്ക് തിന്നം കിട്ടണം കിട്ട ആ തരാൻ വർത്താ المظالمه <سؤالك> المظالمه تو نورنا اي تركوا ملا لون ان النار ان فيرها ما له حظر يدي في قريه فيها كثيره الا ياذي حظره لا انا قريه غيرك تنبش قال ممكن لا علم قدره الا الله اين عبد الله غير الله اماكنه لا وذرها ما له حظ العالم قدره الا الله و بمن استرفع على عينيها வறளையில கைலம வந்து நெத்தி போட்டான ஹாமா புள்ளி. அலைம வந்துண்டா கோ மொகுத்து குடு. அதில தன்ன அடிமரும்போது ஆபத்தாகுது. இப்போதே கு பெருமிரன்னு நோக்கல. அலை செய்து செய்து இந்தாங்க செய்து கொண்டாக்கும் நம்ம தெந்த மூலையில கைலம வெக்கும் பரைக்கு இப்போதே உண்டாகுது. தெரிஞ்சா மூது. அந்த اندرும் தெரியும். நல்லா பைரந்தஹத்து நெத்து nilpotent-ஐ தானிஹா ரஸன் ஹால சந்தனியன் வைஹானு வந்து. ണ്ടാക്കി അമ്മാറത്തുട്ടില്ല എം മത്തമ്പ മുത്തത്തിലേക്കെത്തി മുത്തായി അന്നാട്ടാ അതിനെ ഇങ്ങനെ കാത്തു ചോട്ടിങ്ങനെ മുറാത്ത കുടിയൊട്ട നേരെ പോകും കഴിഞ്ഞു പഴയത്തിൽ വേണം ഉണങ്ങുന്നു ഒരു അവസ്ഥ അവരെ കൊണ്ട് പിന്നെ മുറ ആ വഴിയത്തിൽ അമാണിതെന്ന് വൃതിയിലുണ്ടല്ലോ വയ്യത്തിൽ അമാണിതൻ ഹൈറായ പഴയ അമലുകളിൽ അതിങ്ങനെ ലേന തിന്ന കണ്ടാലും നീ അത് തൊട്ടേന്ന് ചൂടാൻ പാടില്ല നീൻ അനുണ്ടാക്കണം മുറാത്തിൽ വെച്ചില്ല എപ്പോഴും കണ്ട മഴയ അപ്പൊ ചെറുതും അങ്ങനെ തലങ്ങിച്ച് വെച്ചു മൗഹമുൻബാവും കായിലിതാപാത്തിനത്തിരി ഈ പറയപ്പെട്ടത് നെട്ടാകുന്ന വാതിൽ കൂടി മൗനയിലേക്ക് കടന്നുവയ്ക്കാം റപ്പാൻ മതി ഇത് കൗലു പറഞ്ഞവാക്ക് മണ്ണാൻ മൂപ്പറങ്ങളെ വണ്ടി മാധിരാസിന്റെ കോലാന്ന് ആ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത് വരുന്നോണ്ട് മൂപ്പറ ഇങ്ങനെ മാറ്റെടുക്കുന്നുണ്ട് ഹരീസം കൊണ്ട് ചെടിയല്ല പൂശാ കലക്കെ മസൂറായി പോയതാണ് മാതിരി മാതി നെക്കൽ ചെയ്തിട്ടില്ലെന്ന് തോന്നി വലിയാണ്ട് കാത്തിമുറ പറയുന്നുണ്ട് ഇങ്ങനെ അറിയത്തുണ്ട് ഈ അറിയറ്റ് അറിയത്താണെന്നുണ്ട് അടിച്ചല്ലോ പറയാം ആ മറ്റുപോലൊക്കെ പോയി നോക്കാം നമുക്ക് എത്ര വെള്ളം പറയും മറ്റല്ല ആ മറ്റുപോലും നമ്മൾ അങ്ങനെ പോയി അവിടുത്തെ മായ ചിന്തിച്ചൊക്കെ ഇപ്പൊ അതുപോലോ നമ്മൾ ഇന്നെ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് ആദിത്യങ്ങളായ വലിയ എഴുതിയ നേതാക്കന്മാരെ കലാമുദ്ധരിച്ചിട്ട് പറഞ്ഞു ഹരീതല്ലാന്ന് അവർ തീർത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹരീദിന്റെ വിഷയത്തിൽ അതാവിന്റെ പണ്ണിന്റെ അതിലുകാര കലാമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ തോട്ടിന്റെ കലാമ ഹദീത് എല്ലാം തോട്ടിമ ഹജീദല്ലാത്തൊണ്ട് ഹരീദിനെ പറ്റി പറയാൻ ആധികാരിക ഓറാ പറഞ്ഞു കലാമി ചെയ്ത് അപ്പൊ ഇവിടെ ലെഫ്റ്റിന്റെ മാർഗത്തിൽ കൂടി അണ്ണാവിനെ കടക്കാം എന്ന് പറഞ്ഞാണ് ഇപ്പം തെളിച്ചത് അതൊരു വലിയൊരു അപ്പൊ ലെഫ്റ്റിന്റെ അപ്പൊ ലെഫ്റ്റിന് രണ്ടു വരിപ്പോ അങ്ങനെ ലെഫ്റ്റിന് അതിന്റെ പാട്ടൊക്കെ വിട്ടി കഴിഞ്ഞാൽ അള്ളാഹുവിനോട്ട് ഹിജാബാക്കാൻ ഇത് മതി അതിനെ കർക്ക ചെയ്തിട്ട് ശൗതി തകർത്തിട്ടുണ്ടാക്കാൻ ഞാളെ തന്നെ നമ്മൾ മാറ്റിയിട്ട് അള്ളാവിനെ പറഞ്ഞില്ല എന്നാൽ മാർഗ വിധിയാണ് അപ്പോൾ അള്ളാഹുവിനെ അറിയാനുള്ള മാർഗ്ഗമാക്കിക്കൊണ്ടിപ്പോ വിളിച്ചത് മണ്ണടപ്പാൻ പോഫ്റ്റിന്റെ മാജിപ്പത്താണ് അള്ളാഹിന്റെ ഭാവിയിലേക്കുള്ള ഒത്തിരി ില്ല മസുറൂബിന്റെ തന്നെയാണ് ഇച്ചിരി ചില പാട്ടൊന്നും കാണില്ലേ വേറെ ചില പാടില്ല മൂപ്പർ ഒരേ പാട്ടിനെ സാരി പറഞ്ഞു മോ മൂപ്പറൊക്കെ ഇരിക്കും നമ്മളെ കാർഡൊരു പാട്ട് കൊണ്ട് ചില്ലാ പിന്നെന്താ പറഞ്ഞു അത് ചേക്കാനാക്കാൻ തിരികുള്ള എനിക്കതിന് അർത്ഥം കിട്ടില്ല മൂപ്പർ ഉണ്ടാവും പറഞ്ഞൂടാണ് അത് ഈ മനസ്സിലാർന്നീന്ന് അർത്ഥം പറഞ്ഞു നമുക്ക് പറഞ്ഞില്ലേ മനസ്സിലാർന്നി കഫിന്താർത്ഥം കപ്പിലാണി നിൽക്കുന്നു അന്നു കഴിഞ്ഞ മാതിരി നൂപ്പുരണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട് ഞാൻ മൂടും സാരി കഴിഞ്ഞ കിട്ടില്ല നമ്മക്ക് എന്തായാലും പറയുന്നത് لا نريد اغناء مقال ايرنا راعي من النفق جهودك ومسير وتبيه عليها لعنها قبض اليدك تعود تطاغ بها بها من مهان هذه المهانه تنام بيننا اكيدنا نفسه هي الله بغارم مراكب عن دولها لماذا قالوا قال أعبدًا ف privilegedنا عندما يمكن تلديه فقال أعبد إن ه opposed الله بجود مع دول الله و قيرون الدول لدينا والزيعة حس命ه طلبهم لعنها تدخل ടക്കാൻ തലവുണ്ട് ഭേദിക്കും നിന്റെ പെയ്യും പൊടിച്ചിട്ട് അടക്കം റബിന്റെ അകറത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് ശരിക്കും റാത്തു ചെയ്താലും വേട്ടയാടേ നീ കഴിമലാക്കിയും ചെയ്തു നെറ്റിനെ പരിപോധിപ്പിച്ചിട്ട് അതിനെപ്പറിച്ച് വേട്ടയാടുന്നെ ഇനിമലാക്കി ആ താറല്ല നമ്മൾ ക്രമാക്കൊല്ല കാര്യല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെയായിരുന്നു യും ആനമാക്കി നോക്കാം നോടുള്ള അദാപത്ത് തുമക്ക നിനക്ക് ചൗജപ്പെടുത്തും മിന്നവാസിൽ പടത്തുള്ളവരുടെ നവാസിൽ നിന്ന് എമൗപല്ല നിന്നെ കൂടെ ഇക്കുമാലായി അന്ത കൃതീട് അദാപത്തല്ല അപ്പൊ നീ നെസിനോട് അദാപത്തിനെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത് വളക്കളപ്പ് എഴുതി ഇക്കബാലൻ അല്ലെങ്കിൽ പടത്തുകൾ നിന്നെപ്പോൾ ഇക്കുബാലും ചെയ്തുകൊണ്ടേ പിടക്കത്തി അതോട് ശരിക്കും അതിക്രമമാണ് കാട്ടുന്നത് അന്ത കീട് മൗലാക്ക അപ്പൊ മോലം ഇല്ലെന്ന് പോലാ യോഗയും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ മുത്താമത്തെ നപ്തിക്ക നിന നെസ്സിനോടുള്ള മുസാമത്തോ تجمع بينك وبين عباك أنت تزيد عذاوة لنفسك مين يذير؟ تجمع بينك وبين عباك من الذين؟ أنت تزيد عذاوة من نفسك ومن نفسك ومن عذاوة يتم وأنت تزيد قربا من ربك وإقبالا منه عليك رب الله وكذن الله قربان لي لكل ذلك അന്തീത് കുർബം നിന്ന് മൗനാക്ക അന്തീത് ഗോധം നീ റബിനെ കൊള്ളേ കുറുബാൻ അടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഹൽക്കൽ നിന്ന് ഗോതക്കൊണ്ടിരിക്കുന്നു ഹൽക്കുഖാനൊക്കെ അപ്പോൾക്കും അറിയില്ല അതുകൊണ്ട് കറുബു തമ്മിൽ മൗനാക്ക മൗനയെ കൊള്ള നീ കരീബായാൽ എത്തിമോൽ പോ പടപ്പ് എട്ടമ്മൾക്കൾക്കോ പടപ്പുകൾ വാസനിക്കുന്നു തീറ്റ നിന്നിലായിട്ട് ഒരു മണം ഏരിപ്പ ഓർക്കെതിരെ പരിധിയില്ലാത്തൊരു മണം ഇവർ ഇങ്ങനെ നിന്നും കണ്ടെക്കുമ്പോ ഇയാളെ പറ്റൂലപ്പാ ഇയാൾ നന്നായിട്ട് ഒത്തുപോകില്ല എന്തോന്ന് മനസ്സിലാണ് ഒരു മണക്കറിയില്ല അപ്പൊ പഴയത്തിനുള്ള ലിങ്കാറും ഇന്നും അപ്പൊ അവരുടെ വക്കെങ്കിലും ലിങ്കാറ് വരും അല്ലെങ്കിൽ നിനക്ക് ചെറിയ തിങ്കാറ് വരാൻ തുടങ്ങും പടപ്പുകൾ അറന്ന് പോവും മഞ്ചയിലി കാരണം ഒരാൾ ചൈനോട് ജാഹിലായാൽ ആദാഹോ അതിനോട് ആക അതാപത്തുണ്ടാവുന്നതാണ് മഞ്ചൈലിനത്വം അത് എനിക്ക് മഞ്ചാരി അപ്പൊ അവർക്ക് ഇംഗാടാക്കപ്പെടുന്ന വസ്തുവേക്ക് അവർക്ക് വരുത്തുന്നില്ലാത്ത അപ്പൊ അത് ഗറച്ചാഗത്തുള്ള അള്ളാഹുബാന്റെ അകത്ത് എത്ര കാലം നടന്നിട്ടുണ്ട് അന്നദ്ദാഹരൂർ എന്നൊരാകത്ത് അള്ളാഹു കെ കൊണ്ട് ആരാണോ കടന്നിരുന്നത് അവൻ ജനങ്ങളാൽ മങ്കൂറാണ് തടസ് നടക്കൊണ്ട് ആരോ കിട്ട് പുറത്തുനിന്ന് നല്ല ഹലറത്തിൽ നിന്ന് അന്നമക്കുറൂ ഓണിക്ക് ജനങ്ങളെല്ലാം അവസാദ്യം ചെയ്ത് കൊടുത്തിട്ട് ഓണിക്ക് ജൈവിളിക്ക് ഇഷ്ടം കൂടെ ഉണ്ടാവുന്നത് ാരാണോ കെട്ടിപ്പറയുന്നത് അവനെന്താക്കണം അവരിന്റെ മേലില് തബോറാക്കേണ്ടി വീതവും അതെന്ന് വെച്ചാൽ കൊറേ നിസ്സാരതയും പൊങ്ങത്തെങ്ങോട്ട് കുറേ എണ്ണം പോണോ എന്നിട്ട് അവർ പറഞ്ഞ ഡിമാൻ ഒന്ന് പൊണ്ണുത്തി കിട്ടണല്ലോ അപ്പൊ അവർ വെക്കുന്ന ഡിമാലെല്ലാം വെക്കുമ്പോ ചിലപ്പോണ്ടാകും അവരെ നിസ്സാരതയൊക്കെ തയ്ക്കി തബോറാക്കേണ്ട ദിവസം അന്നേരം പൊണ്ണിയൊക്കെ കിട്ടുള്ളൂ ഇതുപോലെ ഇത് എതിരൊക്കെ സൂചിപ്പിക്കുന്നു അള്ളാഹുസാകുന്ന അയ്യല്ലാച്ചിക്ക് ആന അസുലെന്ന് പറഞ്ഞു അതിചെയും അപ്പൊ ശരീരത്തിനൊരുപാട് വിസ്താരത്തെയും കുറെ വിഷമങ്ങളൊക്കെ സഹിക്കേണ്ടി വരും എന്നതിനേക്കാണ് ഈ പാട്ട് ഇപ്പൊ സൂചിപ്പിക്കുന്നത് വേറൊരാളെ കഥകളെ പാട്ടെടുത്തിട്ടുണ്ടാക്കും ഞാൻ വിമർശിച്ചുകൂടുവേണം ആലമൽ മഹാനി ആലമുൽ മഹാലി അല്ലെങ്കിൽ ആലമുൾ എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റാക്കുന്ന ആളെ മൂപ്പർ വിമർശിക്കുകയാണ് ആലമൊൽ മായും ആലമൊൽ മഹാനിനെയും മനുഷ്യ നീ എന്ത് ചെയ്യും ഒരുപാട് മസലുകൾ പറഞ്ഞിട്ടുണ്ട് ആ മസലിക്ക് നേരെ കിട്ടുന്ന അതാണോ മുറാദ് അല്ല അതിൽ നിന്നുദ്ദേശിക്കപ്പെടുന്ന ണോ മൂറാർ നീ എന്താ പറയാൻ പോലും ഓരോണ്ടല്ലോ തന്നെ നമാസിൽ ഇറങ്ങി ഭൂമി ഗുഞ്ഞാവിന്റെ ഉദാഹരണം മഴ പെയ്തു ഇതുപോലെ കൃഷികൾ മുളച്ച് നട്ട് പച്ച കുടിച്ച് കൊച്ചി വെയിൽ വന്ന് ഉണങ്ങിപ്പോയി നോക്കുമ്പോ ഒന്നുമില്ല ആ കരുമത്തെ മരം പോലെ അപ്പൊ ഈ മിസാലടത്തല്ലോ നീ എന്ത് അർത്ഥം പൊക്കൂന്നോയിരിക്കും അപ്പൊ അതിൽ നിന്ന് പിടിക്കേണ്ട മിസാലിന് കിട്ടേണ്ട ആലുമ്പോൾ തൊപ്പിലും കണ്ടാലെന്താക്കണം ആ കണ്ട കൂറത്തെല്ലോ നമ്മുടെ മുറാബ് അതിന് കിട്ടുന്ന മാര്യയാകളുടെ അതീറോണല്ലോ മുറാബ് അപ്പം ആ ലംസിത്തിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നു അപ്പൊ സാരി അത് ഈ ലംസിരത്തിൽ കുറാൻ ഇതുവരെ ഒത്തുപോകുകയാണ് നമുക്ക് ഇപ്പോൾ ഒന്നുകൊണ്ട് ആലമോണിയാക്കോൽ മഹാനികൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കൽ കിട്ടുന്ന വർത്തവയാണോ ബസ് കൊണ്ട് കിട്ടുന്ന വർത്തവയാണോ ഏതാ ഉദ്ദേശിക്കുമ്പോഴേണ്ടത് ബസ് കൊണ്ട് കിട്ടുന്നതാണെങ്കിൽ ഇനി അംസിലൊണ്ട് ഒക്കെ തന്നെ വർത്തവയിലേക്കുന്നു ബസീരത്തിന്റെ അനുകാരളാണോ സംസാരമെങ്കിൽ വേറെ അംസരത്തിൽ കുറാനല്ല അതിന്റെ അപ്പുറം വേറെ കാര്യങ്ങൾ വരേണ്ടതുണ്ട് അപ്പൊ പതിയാണോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എതിർപ്പുള്ളൂ അതുകൊണ്ട് മൂത്രം മാറ്റും വകൂറുന്ന അലവർ ഞാൻ വേറെ പറഞ്ഞു വര ഇപ്പുറ ഒരു ഒക്കലൈനെ ചെയ്യാവുന്ന ഞാൻ കണ്ടു മുലമ്മു കലാമി മുസംഗിന കലാമിനെ വെച്ചിർക്കും ഇർ റബ്ബി അലാമ യൻകിറുൽ മാഅനിയ വയുഖിദുൽ മഹസൂസ മഹസൂസ തന്ന നുപുരാറ തബക്ക റബി അയാ പ്രമ അർമാ അാനില്ല യമിൻ ദറത നകൂറുണ്ടവല്ല അവരോടത്തം എന്നോ ആയിൻ കോലബും അവരോട് മുപ്ര പറയുന്നു ിൽ മഹസോതാസ് മഹസോത്താസിൽ മാത്രമാണ് കാര്യങ്ങളൊക്കെ പരിമിതിയാണ് അതിനെല്ലാം ഒറിഞ്ഞു നിൽക്കുമെങ്കിൽ മഹത്താതെ നാളത്താലിമ നമ്മൂറിൽ മാനവീയത്തി മാനവീയായ കാര്യങ്ങൾക്ക് വേണ്ടി അന്നാമത്താന നമുക്ക് മിസാലുകളെ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ എന്തുകൊണ്ടുള്ള മിസാലിന് നമ്മൂറിൽ ലക്ഷ്മീയമായ ഉമ്മൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്താകുന്ന മാനവീയതയിലേക്ക് അറിച്ച് അതീശനും കാണാലോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിന്റെ കരച്ച് ഒരു വലിയ പുഴുണ്ട് കുറച്ചും വെള്ളം കൊണ്ട് ആന്റണിനെ അവരെ ആളെഴിച്ച് കുളിച്ച അസുഖിവാസിയാകോന്നിരിക്കും ഇല്ല എന്നോ എന്താന്ന് ആസോസത്തിന് ഉദാഹരണം അല്ല ഇതുപോലെ അഞ്ജന അതുകൊണ്ട് മാലേക്ക് അപ്പത്തിൽ ചടച്ചു അതെന്തിനാ ഈ സുപ്രഹമ്മ ഈ സുഹൃഹത്തിൻ അതോടൊപ്പത്തിൽ എന്താക്കണം ഈ ഒന്നൂറുകൾ മാലേജി നമുക്ക് പ്രകൃതി ചെയ്യപ്പെടണം ില്ലേ അതിനുവേണ്ടിട്ട് അപ്പൊ അങ്ങനത്തെ ആവശ്യം വരില്ലല്ലോ അപ്പൊ ആ മാനവീയത്ത് പറമ്പ് ചെയ്യേണ്ട ഒരു മാനവീയത്താണില്ലെങ്കിൽ പിന്നെന്തിനേ നിസാനം എന്തിനു അതിലേക്ക് അതിലേക്ക് വാദിക്കണ്ടത് അപ്പൊ അപ്പുറം പറമ്പ് ചെയ്യപ്പെടേണ്ട ഒരു മാനവീയർ ഇല്ലെങ്കിൽ പിന്നെന്തിനേയും നിസാദിക്കും അമ്മാവത്താ ഉദാഹരണമാക്കിയിൽ എന്തിനു നാസിൽ വാനരോഗത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴയോടാണ് അന്തത് ഇൽമന്നാക്കിയെന്ന് എന്താണ് ജാമ്യം അറല്ല മനസ്സിലാക്കുമ്പോൾ ജാമ്യമോടല്ല രണ്ടും കടയിൽ അതാ ശക്തമായ മഴയ്ക്ക് പെയ്ത ഭൂമിയുടെ ഉപരിതലങ്ങൾ വീട്ടിയോ ഇതുപോലെ കല്ലിന്റെ മേലെ ഇൽമ കെട്ടിയ കല്ലിന്റെ ഉപരിതലങ്ങൾ വൃത്തിയാവും ഇനി ഭൂമി വെള്ളം കുതിച്ചു കുതിച്ചു കഴിഞ്ഞാൽ എന്താക്കും അത് പിന്നീട് ഉപകടമാറ്റി പിന്നീട് കൊടുത്തു കഴിഞ്ഞു അതാണ് ഇങ്ങനെ റ്റാ പുതിയ ഉപണ്ടാക്കി തീർക്കേണ്ടി അത് അറിയുമില്ല അന്നെ അയക്കപ്പെട്ട ഉദാഹരണം മറ്റേ ഭൂമി പാലിയാണ് ഒരു ഭൂമി ഉണ്ടാക്കി പാടഭൂമിയായിട്ട് പോയി അത് വെള്ളം കുടിക്കുന്നതുമില്ല പിന്നെ വിത്ത് മുളപ്പിച്ചില്ല വേറെ ഉണ്ടാക്കി ഭൂമി വെള്ളം കുടിച്ച് ഇങ്ങനെ വിത്തുക നല്ലതാണ് കൃഷികൾ മുളച്ചു വേറൊരു ഭൂമിയുണ്ട് അതങ്ങനെ വെള്ളം വാങ്ങിയൊക്കെ ചെയ്ത് അപ്പം മറ്റുള്ളതൊക്കെ കോരാനും ണ്ടാക്കാനും ഒക്കെ ഉപയോഗപ്രദമായി ഇങ്ങനെ പല തരക്കാരുണ്ട് എന്റെ ഇതിനെ ജീവിച്ചാൽ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന്റെ ഉണിമയുന്നു മസോ മുദാമലിന് അല്ല അല്ല ഈ തഹീർല്ലാറുന്ന അത് ഭൂമിയെ ശുദ്ധിയാക്കുന്നുണ്ട് അപ്പൊ സംസ്ഥാനീയ മുന്നിൽ ഔദികത്വം തോടുകളും ജലാശയങ്ങളും അതുകൊണ്ട് നിറയാറുണ്ട് അല്ല എവിടെയുള്ളത് അന്നാ അവ താരം വാനത്തിൽ നിന്ന് വെള്ളം മറക്കി അപ്പോൾ ഓരോ ജലാശയങ്ങളും അതിന്റെ കഥനനുസരിച്ചു ഒഴുകിയെന്നാണ് അപ്പൊ ചെറിയ കുളർന്ന് അത്ര വലിയ കുളർന്ന് അത്ര കൊഴയാണെങ്കിൽ അത്ര തളരാണെങ്കിൽ അത്ര അപ്പൊ ഔദ്യേത ക വിശാലതൊക്കെ അനുസരിച്ചിട്ട് അതിനെ അവർ പിടിച്ചെടുത്തു പിടിച്ചെടുത്തിട്ട് അങ്ങനെ കുടിക്കുന്ന തളം കെട്ടുന്നപ്പുറത്തേക്ക് ഇവിടെ പോകുന്ന ഇരക്കെട്ടപ്പുറത്തേക്ക് കൊള്ളാം ഒന്ന് പറഞ്ഞു വിടാം നമുക്ക് കേട്ട് പോയില്ല മറ്റു ചില മഹത്യങ്ങൾ ഉണ്ടാവും അങ്ങനെ തന്നെ വാങ്ങി വെച്ചിട്ട് ഒരുപാട് പകർത്തി കുടിച്ചു ഞാൻ കാട്ട നെക്കൾ ഇതാകും നെക്കൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാം വേറെ വെള്ളം ഒരു മാറ്റം ഉണ്ടാവില്ല മുരിദൈര്യങ്ങൾ ൊന്നിട്ട് അവിടെ കുറച്ച് വിട്ടു വിട്ടിട്ട് ഈ വെള്ളം കൊണ്ട് മുകളിൽ ഈ ഹലീസിൻകുട്ടി കുറച്ച് വിട്ടു വിട്ട് അവർ ഇജ്ജ് ഹാദാകുന്ന കേന്ദ്രത്തിൽ നാട്ടുകൾ ഉളപ്പിച്ചിട്ട് ഒരുപാട് മാസാറാണ് കുറിച്ച് വസ്തു കൊടുക്കും പച്ചക്കറിണ്ടോ ഹരീഫിന്റെ നീളാകുന്ന വെള്ളം കിട്ടുണ്ടായിരുന്നു കുറമും കൂട്ടണ്ടേ കൃഷിപ്പൊണി എടുക്കണ്ട ജാമിയ പറയുന്നു ഇൽമുണ്ടാക്കും നത്തിന് ഗുരുമാറ്റൽ ജഹിതെ ചെക്ക് ചുരുക്കിനെ തൊട്ടല്ലാ നെഫ്സുകളൊക്കെ ശ്രദ്ധിക്കും നെഫ്സിന്റെ ഓരോ ഗലകളാണല്ലോ നെഫ്സിന്റെ അപ്പുറം ഉണ്ടാകുള്ളത് കൽബാൻ അല്ലേ വൈതഹീർ കുഴപമി കഥരല്ലറിയാ അറിയാറുണ്ടർത്തുകളൊക്കെ ആക്കും ആചാദി രൂപിന്റെ അടിമാക്കം വരും ുട്ടുള്ള അറുണ്ടാക്കാൻ വേണം അത് അവറിനെ ശുദ്ധിയാക്കും ഈ ലൗസിൽ അൻവാർ അൻവാറിന്റെ കള്ള കറണ്ടല്ല ലൗ നമ്മൾ പറഞ്ഞല്ലോ പടങ്ങ് മാത്രം എത്ര കെയിക്കി കെയ്യോണ്ട് ശുദ്ധമാകാ കല്യ്യോണ്ട് വർത്താനം ചെയ്ത് ലൗസ് ഉണ്ടാവും അതല്ല ഒരു കള്ളപ്പാടുണ്ടാവും ഈ അൻവാറ അൻവാർ ഉറക്കായിരിക്കും ആ ിൽ നിറയും ഓരോ കല്ലും അതിന്റെ വിശാലത്തനുസരിച്ചത് ആ സ്വാലത്ത് ഔദ്യത്തിന്റെ ഔദ്യിയ ഹീറോയിൽ ഭൂമിയെ വെള്ളമെന്തു ചെയ്യും മറ്റുള്ള മാലിന്യങ്ങളെത്തൊട്ടും ശുദ്ധിയാക്കാറുള്ളത് പോലെ റയും കൊല്ലും അതിന്റെ വിശാലതൊക്കെ അനുസരിച്ച് കുറയും ഇതൊരു ഇത് മറ്റൊരുദാഹരണം എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുന്റെ നൂറിനെ സംബന്ധിച്ചെന്താക്കി നിസാരാക്കി ആ മിസാലിനെ മസൂ നിസാലാക്കി കൊണ്ടുവന്നിട്ട് വളക്കുപോലെ വളക്കുന്നതിനുള്ളി അനുള്ളി പള്ളിന്റെ കുട്ടി പങ്കിട്ട് ഇതേ തന്നെ വീട്ടിൽ കത്തിച്ചു നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഉദാഹരണമാക്കി ഈ ഉദാഹരണത്തിന് എന്താ മനസ്സിലാക്കാനുള്ളത് മറ്റൊരു ആലമതിലുള്ള അൻവാറ സംബന്ധിച്ചാണ് അത് ആയാ ഇത് മറ്റൊരുദാഹരണം വകോതിന് തലമുറയാനും ചോദിക്കുന്നുണ്ട് പുറത്ത് തുമ്മുണ്ട് ഇതാ എന്താ എങ്ങനെ ഒരു ഭാരത് കുറാവി ഇത്തരത്തിലുള്ളത് കാര്യം രണ്ടു തരത്തിലുണ്ട് ഹിസ് കൊണ്ട് അങ്ങനെ തന്നെ ഇതൊക്കെ ചെയ്യാവുന്ന മഹത്തൂസ് ആ ഹിസ്മുണ്ട് എന്നും അറിയിച്ച് അവ മാനവിറ്റുന്നുണ്ട് ആ മാനവിക മറ്റൊന്ന് കണ്ടുപിടിക്കാൻ ഇതെന്താക്കി ഹിറ്റി ആയിട്ടുള്ള ഉദാഹരണങ്ങൾ വാസിച്ചേക്കൊണ്ട് നേരെ അപ്പുറത്തേക്ക് കടക്കാനുള്ളത് പാലം മക്കൽ എത്തി ബാറുന്നതിനാണല്ലോ പറയും മധുരൂരിലേക്ക് ഉച്ചയറക്കാൻ വേണ്ടി മാലൂമി ഉണ്ടാക്കാൻ അവിടെ പാലമാക്കി തയ്യാറാക്കാനാണ് എത്തിബാർ എന്ന് പറയും വീലേക്കൂടി വെച്ചിട്ട് അക്ക കടക്കാൻ അപ്പുറത്തേക്ക് രണ്ടാമത്തെ ഇത് മാനവിക അത് ഹിറ്റ് കൊണ്ട് ഇട്ടൂല കൊണ്ടോ റോഹ് കൊണ്ടോ ചെറു കൊണ്ടേ ഇട്ടുകയുള്ളൂ എന്താ മൂന്നാം മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നെത്തിന്റെ മക്കാമിൽ ഇൽമു ഇതാക്കുന്നു വേറെയാണ് പിന്നെ കൽബിന്റെ മക്കമിൽ ഇൽമു ഇതാക്കുന്നു വേറെയാണ് അഖിരന്റെ മക്കാമിൽ ഇൽമു ഇതിരാക്കുന്നു വേറെയാണ് റോഹിന്റെ മക്കാമിൽ ഇതാക്കും ഇൽമ ഇതിരാക്കും വേറെയാണ് ചിരന്റെ മക്കാമിൽ ഇൽമു ഇതാക്കും വേറെയാണ് അഖിരന്റെ മക്കാമിൽ കിട്ടുന്ന പരമാവധി ഒരു സിന്നത്തിന്റെ താനി അഭി വേണം എന്നതിലേക്ക് എത്തിച്ചേരും നെഫ്റ്റിന്റെ നോക്കാമിലെക്കുമ്പോ തിന്നാലും കുടിക്കാനും വേണം അങ്ങനെ രാവിലെ പൊറോട്ട വേണം പൊറോട്ട ഉണ്ടെങ്കിൽ പൊടി വേണം പൊടി വേണമെങ്കിൽ നിന്ന് സാധനങ്ങൾ വേണം ഇന്നും പുതിയ മാങ്ങണം ഇതൊക്കെയാണ് നെഫ്റ്റിന്റെ ഇതിലാത്തിൽ ഉണ്ടാകുക അതതിന്റെ ആവശ്യങ്ങൾ നേരെ നിന ആവശ്യങ്ങൾ കിട്ടാൻ അതിന്റെ കാര്യങ്ങൾ എവിടെയൊക്കെ നടത്താമോ അതെങ്ങനെ തറക്കിയിലാക്കാമോ എങ്ങനെ ഉപയോഗപ്പെടുത്താമോ അതൊക്കെയായിരിക്കും നെഫ്റ്റിന്റെ ഇരുമ്പ് ഇജ്ലാത്തിൽ ഉണ്ടാകാം അലുമ്പോൾ ഞാൻ അങ്ങ് ചതിക്കും കൽബിന്റെ നോക്കാമിലെത്തുമ്പോഴോ ഇതിൽ നിന്ന് പുതിയ പണുബന്ധങ്ങൾ കിട്ടും അതിന്റെ അപ്പുറം തുന്നത്ത കണ്ടാണെങ്കിൽ താനിന്റെ അപ്പുറത്തേക്ക് നടന്നു കേരളീസ് ആളെ നോക്കാൻ വോട്ടിൽ കല്പില അതാണബ്രോ പിന്നെയോ റോറിംഗ് നോക്കാമെന്താ ഉണ്ടാവും ഫിക്റത്ത് എന്താ പറഞ്ഞ് ആ തിരുനെ കുറും നോക്കാം അപ്പൊ അൻവാറും അൻവാറു സിഫാസ് ഉണ്ടാകും അതിന്റെ അപ്പുറം അപ്പൊ ഇതാക്കിന്റെ മേഖല മുതിരിക്കിന് തട്ടി കൂടുണ്ടോ ഓർ ഇദ്രാക്കിന്റെ മേഖല നടന്നു പോകരുത് അതെപ്പോഴും തന്നെയാണല്ലോ കുട്ടികളെ ഇതറാക്കല്ല രണ്ടാം ക്ലാസ് ചെയ്യും ഓർക്കഴിക്കുമ്പോൾ അവർ തേറ്റ് ചോദിച്ചാൽ ഓരോ മഹത്തായ വിജയമായി കുട്ടത്തിനെ വായിക്കാൻ പഠിച്ചാൽ അക്കണ്ടാണോ ഒന്നും നോക്കണ്ട നോക്കണ്ട ചെറുപ്പം നോക്കണ്ട ഒന്നും നോക്കണ്ട അച്ഛൻ വായിക്കാൻ കൃത്യനായി അതെ ഇതേ അലയോർത്തരത്തിൽ കുറച്ചുപേലെ പത്തിച്ചാ പോകുന്ന ആളുകളിലേക്ക് നോക്കിയാൽ അക്ഷം പൈസ പോലെ അനിയോട് കണ്ടെത്തീരുന്നില്ല ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ എന്താകും ഹപ്പിയാകുമ്പോൾ അതിനുവേണ്ടി മിത്താലുകളെ കൊണ്ടുവന്നു എന്തുള്ള മിത്താലിൽ നുമോറിൽ മഹസൂസെത്തി മഹസൂസായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തിനാവശ്യം അക്കദീമല്ല പുറമിലേക്ക്